വും വരുമാറില്ലറിുനേർ ഉരുവാമുടൽ വിട്ടുകിർത്തിയാം ഗുരുവാർ നിങ്ങനുകമ്പ നിന്നിടും വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിഞ്ഞി തിന്നു നേർ ഉടൽ വിട്ടുകീർത്തിയാം ഗുരുവാർ നിങ്ങനുക നിന്നിടും വരുമാറുവിധം വികാരം അസ്ഥി ജായതെ വർദ്ധത വിപരിണാമതെ അവക്ഷീയത വിനശ്യതെ ആറു വികാരങ്ങൾ ഉള്ളതാണ് ഈ ശരീരം ഉണ്ടാവുക അത് കഴിഞ്ഞാൽ ജനി പ്രാദുർഭാവി പ്രകടമാവുക ഏതോ സസ്യത്തില് വെണ്ടയ്ക്കയിലിരുന്ന സാധനം അച്ഛൻ ഇരുപത്തഞ്ച് പിഞ്ചു വെണ്ടയ്ക്കാ കഴിച്ചു കാരണം കുട്ടിയുണ്ടാവില്ല ഉള്ള ആശുപത്രിയിലൊക്കെ നടന്നപ്പോൾ ആരോടത്തും പറഞ്ഞു നല്ല പിഞ്ചു വെണ്ടയ്ക്ക വരച്ചു ഇരുപത്തഞ്ചെണ്ണം ഡെയിലി രാവിലെ അടിക്കാൻ ഒരു പത്ത് ദിവസം പിഞ്ചുവെണ്ടയ്ക്കാ കഴിച്ചു അതോടെ ജീവാണുക്കൾ ഉണ്ടായി ദാമ്പത്യ ദമ്പതിക്രിയൊക്കെ ചെയ്തു ഉള്ളിലൊരു കുട്ടിയായി ഇപ്പൊ വെണ്ടക്കായി ഇരുന്നവൻ അച്ഛനിലെത്തി മാതൃഗർഭത്തിലെത്തി അച്ഛൻ കഴിച്ച റൊട്ടിയുടെ വാക്യാണ് നമ്മളെല്ലാം ശരീരം കൊണ്ട് അതങ്ങനെ വരുമ്പോ അസ്ഥി അവിടെ ഉണ്ടായി ഒളവായി അത് ജായതെ ഭൂമിയിലേക്ക് എത്തി ജനി പ്രാദുർഭാവേ പ്രാഗട്ട്യം പ്രകടമാവുക കാരണം അവിടെ കിടന്ന് ബുദ്ഭുതാവസ്ഥ കർക്കേന്ദു അവസ്ഥ ഒക്കെ കടന്ന് കലലാവസ്ഥ ദുദ്ഭുതാവസ്ഥ കർക്കേന്ദു അവസ്ഥ ഇങ്ങനെ അവസ്ഥകളൊക്കെ കടന്ന് ഓരോ മാസത്തിൽ ഓരോന്നുണ്ടാവും രണ്ടാമത്തെ മാസമാവുമ്പോൾ ഹൃദയം ഉണ്ടാവും അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയും വ്യാഖൂണാണെന്ന് പറയും കുട്ടിക്ക് ഹൃദയമുണ്ടാകുന്ന കാലമാണ് കേട്ടിട്ടില്ല വ്യാഖൂണെന്നൊന്നും കേട്ടിട്ടില്ല ആഹാരത്തിന് രുചിയില്ലായ്മയൊക്കെ ആ സമയത്ത് വരും അപ്പോൾ ആ ഇത് കഴിഞ്ഞ ഓരോ അവയവങ്ങളും മുടിയും അതും വെച്ച് പൂർണ്ണ വളർച്ചയെത്തും അപ്പോഴവിടെ കിടന്ന് പ്രാർത്ഥിക്കും ഇനിയൊരു ജന്മം വേണ്ട മതിയായി കാരണം ഈ ഗർഭസ്ഥാവസ്ഥയിലെ പീഡകളും വേദനകളും വിഷമങ്ങളുമൊക്കെ ബോധമറിയുന്നുണ്ട് അതുകൊണ്ട് നാരായണസ്വാമിയോട് പ്രാർത്ഥിക്കും ഇനി ഞാനൊന്ന് എന്നെ ഒന്ന് ഇരുന്ന് മോചിപ്പിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ ഇതിൽ തിരിച്ചെത്തിയില്ല നിശ്ചയം ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം പുറത്തു വരും പക്ഷെ പുറത്തു വരുന്നതോടെ ഈ പ്രാർത്ഥിച്ചതും മറന്നു പിന്നെയും വരും പുനരവി ജനനം പുനരവി മരണം പുനരവി ജനനീ ജഡലേ ശയനം ഇതിങ്ങനെ തുടരും ഈ നാടകം ഇങ്ങനെയാണ് സത്ഗ്രന്ഥങ്ങൾ പറയുന്നത് സമ്പാദിവാക്യവും ഗർഭോപനിഷത്വമൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ ഈ നാടകം ഇങ്ങനെ തുടരും അപ്പൊ അസ്ഥി ജായതെ ഇത് കഴിഞ്ഞാൽ വർദ്ധിക്കാൻ തുടങ്ങും ഇതിനൊന്നും വിദ്യാഭ്യാസവും മരുന്നും മന്ത്രമൊന്നും വേണ്ട ഇതൊക്കെ അതിൽ തന്നെ ഇരിക്കുന്ന ഒരു സൂത്രപ്പണി കൊണ്ട് തന്നെയാണ് ഇത് വളരുന്നത് പത്ത് പേർക്ക് നിങ്ങളുടെ വ്യത്യസ്ത ആ വൈദ്യസമ്പ്രദായം അനുസരിച്ചുള്ള ഔഷധങ്ങൾ പത്ത് ഗർഭിണിക്ക് കൊടുക്കുക പത്ത് പേരെ എടുത്തിട്ട് 10 പത്ത് പേരെ പത്ത് പേർക്ക് മോഡേൺ മെഡിസിൻ പത്ത് പേർക്ക് ആയുർവേദം പത്ത് 10 ഹോമിയോപ്പതി പത്ത് പേരെ 10 പത്ത് പേരെക്കി പത്ത് പേർക്ക് യുനാനി ഒക്കെ കൊടുക്കുക പത്തുപേരെ വീതം ഓരോ മതത്തിനും കൊടുത്തവരുടെ ആചാരമൊക്കെ ചെയ്യിപ്പിക്കുക പത്തുപേരെ വെറുതെ വിടുക എന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കുക എന്നിട്ട് ശാസ്ത്രം പറയുക ഇതൊക്കെ ഔഷധം കൊണ്ടാണോ നേരെയാകുന്നത് അതല്ല ഇതിനകത്ത് തന്നെ ഒരു അവബോധം ഉണ്ടോ ചോദ്യം മനസ്സിലായില്ല പലപ്പോഴും ട്ടിയുടെ കുഞ്ഞിനുള്ള വീര്യവും സൂര്യവും ഒന്നും നിങ്ങളുടെ ലക്ഷം രൂപ വിലയുള്ള പട്ടിക്ക് ഉണ്ടാവില്ല അതിന്റെ കാലെറിഞ്ഞൊടിച്ചാലും ഡോക്ടർ വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ അത് കുത്തും കാരണം ഈ പാലക്കാടുകൂടെ ചില കച്ചവടക്കാരൊക്കെ ചിലപ്പോൾ ഇവൻ വരുമ്പോൾ നല്ല കല്ലെടുത്തെറിയും അതിന്റെ വലത്തെ കാലോ വലത്തേ കയ്യോ ഒക്കെ ഒടിക്കും പിന്നെ ഇത് മൂന്ന് കാലലാണ് പോകുന്നു പാലക്കാട് ടൗണിൽ കൂടെ കാണാം പലപ്പോഴും മൂന്ന് കാലാൽ പോകുന്നു രണ്ട് ദിവസം ഇടയ്ക്ക് ലൈനുള്ളിൽ തന്നെ ഇവൻ്റെ കാലു നിലക്ക് വിട്ടു നേരെ വിളിച്ചു നിങ്ങളുടെ വീട്ടിലെ കൂട്ടിലിട്ട് വളർത്തുന്നവൻ്റെ കാലുടിച്ചാൽ അവൻ്റെ ഡോക്ടർ വരണം കഴിഞ്ഞ രാത്രിയിൽ ഒരു അമ്മ ഇത്രയും വിലയുള്ള പട്ടിക്ക് പനി വന്നിട്ട് രാവിലെ മുതലെ വിളി തുടങ്ങി ഡോക്ടറെ വിളിച്ചു എൻ്റെ പട്ടിക്ക് പനിയാണ് ഇപ്പൊ ഡോക്ടറെ അവിടെ നിന്ന് പറഞ്ഞ് ഒരു പാരസെറ്റമോള് കൊടുക്കാൻ പറഞ്ഞു ഉച്ചയായപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പറഞ്ഞു ഒരു കുറവുമില്ല ഡോക്ടറെന്ന് പറഞ്ഞു ചൂട് ഭയങ്കരമാണെന്ന് പറഞ്ഞു രണ്ടെണ്ണം കൊടുക്കാൻ പറഞ്ഞു നാലു മണിയായപ്പോൾ പറഞ്ഞു മൂന്നെണ്ണം കൊടുത്ത് കുറച്ചുപ്പും ഐസും കൂടെ ഇട്ടിട്ട് വെള്ളം നെറ്റിയെ വെക്കാൻ പറഞ്ഞു അപ്പം ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര മണിയായപ്പം ഡോക്ടർ ഉറങ്ങിയപ്പം വീണ്ടും വിളിച്ചു പനിയും കൂടുകയാണെന്നോ ഡോക്ടർ വളരെ മിടുക്കനായതുകൊണ്ട് പറഞ്ഞു മാത്രമല്ല ഈ ശാഖയിലായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം പട്ടിക്കും കൊടുത്ത് മൂന്നെണ്ണം നിങ്ങളും ധരിച്ച് കിടക്കാൻ പറഞ്ഞു അതുപോലെയാണ് നമ്മൾ ഇതിനെയൊക്കെ രൂപപ്പെടുത്താൻ പോകുന്നത് ഇതിന് സ്വയമേവ ഒരു സ്വഭാവമുണ്ട് ഈ കോശങ്ങൾക്ക് ആ സ്വഭാവം എന്താണ് അസ്ഥി അതുണ്ടാകും അത് പ്രകടമാകും ജായത് വർദ്ധത അത് തന്നെ വർദ്ധിക്കും ഈ അവയവങ്ങളൊക്കെ തന്നെ വളരും അത് വളർത്താൻ ശ്രമിക്കേണ്ട കാര്യം വരുന്നില്ല വർദ്ധത കുറച്ച് വളർന്നു കഴിഞ്ഞാലോ ഒരു പത്തിരുപത്തഞ്ചായാലോ വിപരിണാമത ചില പരിണാമമൊക്കെ വരും ഒരു പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ പരിണമിക്കാൻ തുടങ്ങും സ്വഭാവത്തിൽ മാറ്റം വരും രൂപത്തിൽ മാറ്റം വരും പെരുമാറ്റത്തിൽ മാറ്റം വരും അതൊന്നും മാറ്റം വരുത്താൻ മരുന്നൊന്നും വേണ്ട മരുന്ന് കൊടുത്താലോ ഭീകരമായി പരിണമിക്കും വിപരിണാമത ഒരു അറുപത് എഴുപതൊക്കെ ആകുമ്പോഴേക്ക് ഇതൊക്കെ ചുളിയാൻ തുടങ്ങും അപക്ഷീയത പുതിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നശിക്കാൻ തുടങ്ങും ഒരു ദിവസം ഇതങ്ങ് നശിക്കും വിനശ്യതി ഇങ്ങനെ ആറ് വികാരങ്ങളുണ്ട് ഇത് ഈ ആറ് വികാരങ്ങള് ഒരു തരത്തിലും തടയാനും ആവില്ല ഇതൊക്കെ പഠിച്ചുവെച്ചാലും ശരീരത്തിൻ്റെ വികാരങ്ങളൊന്നും പോകില്ല അത് സന്യാസം സ്വീകരിച്ചാലും ബ്രഹ്മചേരി ആയാലും ഗൃഹസ്ഥനായാലും ശിഷ്യന്മാർക്ക് ചിലപ്പോൾ സഹിക്കല്ല കാരണം ഒരിക്കലും വയസ്സാവില്ലെന്നാണ് വിചാരിച്ചത് കാരണം ആധ്യാത്മികതയല്ലേ അപ്പോഴാണ് ശിഷ്യന്മാരും കൂടി പിടിച്ചുകൊണ്ടുപോയി ഡൈ ഒക്കെ ഇപ്പോഴാണ് ഞങ്ങൾ സ്റ്റേജിൽ എന്ന് ഇറങ്ങി വരുമ്പോൾ ചിലർ ചോദിക്കും സ്വാമി ഇന്നലെ കണ്ടപ്പോൾ അവിടെ ഇവിടെ മരയുണ്ടായിരുന്നു എന്ന് അതേ ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് ചെയ്ത നമ്മുടെ കുറ്റമല്ല ഇതിൽ കാരണമാതാ കാരണം ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല വയസ്സാകുന്നത് ഭാര്യക്ക് ഭർത്താവിന് വയസ്സാകുന്നതും അപ്പോൾ ഭർത്താവിന് ഭാര്യയ്ക്ക് വയസ്സാകുന്നതും ഇഷ്ടമല്ലാത്തതുപോലെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം ഈ ഷഡൂർമികളോട് കൂടിയതാണ് ഈ ശരീരം ആറു വികാരങ്ങളുണ്ട് വികാരവും ആറു വികാരങ്ങളും ഉണ്ട് അറിവിന് ഇതിന് നേർ എന്നാൽ ഇതേമാതിരിയുള്ള വികാരങ്ങൾ ശുദ്ധമായ അറിവിൽ സംഭവിക്കില്ല അറിവിന് വികാരമില്ല അറിവാണ് ശാശ്വതമായത് ശരീരം ശാശ്വതമാണ് നശ്വരമാണ് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരം നശിക്കുന്നതാണ് അറിവോ നശിക്കാത്തതാണ് അതുകൊണ്ട് അറിവിനോട് ചേരുമ്പോഴാണ് നമ്മയും അറിയുന്നത് ഇത് അറിഞ്ഞവരായിരുന്നു പൂർവന്മാർ ഇന്നിത് അറിഞ്ഞാലും നമുക്കറിയില്ല അറിവ് കേവലമായി ജനതയ്ക്കെത്തണമെങ്കിൽ അറിവിന് ഉരുവായിട്ട് പുരുഷൻ ചേർന്ന് നിൽക്കരുത് മഹാഭാരതം രാമായണം ഗീത ഉപനിഷത്തുകൾ വേദങ്ങൾ ഇവയൊക്കെ പുരുഷ സംസ്പർശനില്ലാതെയാണ് നിൽക്കുന്നത് അതിൽ നിന്ന് രണ്ടു വാക്കെടുത്ത് നാല് കൊള്ളിക്കരുതാഴിയെയും ചേർത്ത് സ്വാമി നിർമ്മലാനന്ദജി പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് നിർമ്മലാനന്ദനോട് ചേർത്ത് വ്യവഹരിക്കുകയാണ് അതാണ് ലോകത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അറിവില്ലായ്മ മനസ്സിലായില്ല റിവിൻ്റെ കേവല സ്വരൂപത്തെ അറിവില്ലാത്തവർ അറിവുണ്ടെന്ന് നടിച്ച് ഇല്ലായ്മ ചെയ്യുന്നതാണ് വിദ്യാദാന പാരമ്പര്യമായി ഇന്നു പോകുന്നത് അവിടെ വ്യക്തി അറിവിനേക്കാൾ പ്രാധാന്യമുള്ളവനായിത്തീരുന്നു വ്യക്തിക്ക് അറിവിനേക്കാൾ പ്രാധാന്യം വരുമ്പോൾ ജനജീവിതം ദുസ്സഹമായിത്തീരുന്നു അറിവുകൊണ്ടാണ് വ്യക്തി അറിയപ്പെടുന്നവനാകുന്നത് എന്നറിഞ്ഞ് അറിവിന്റെ പാരമ്യത്തെ അംഗീകരിക്കുവാൻ അടുത്ത തലമുറയെ പ്രേരിപ്പിക്കുമ്പോൾ മാത്രമേ അറിവ് വ്യക്തിക്ക് പ്രയോജനമാകുന്നുള്ളൂ അത് മനസ്സിലായോ വ്യക്തിയിൽ അറിഞ്ഞിരിക്കുകയല്ല അറിവിനോട് വ്യക്തി ചേരുന്നത് കൊണ്ട് അയാൾ അറിയപ്പെടുകയാണ് അതിൻ്റെ വിനയവും സൗശീല്യവുമെല്ലാം വ്യക്തിക്കുണ്ടാകേണ്ടതാണ് വ്യക്തി അറിവിനെ അതിക്രമിക്കരുത് വ്യക്തിയെ അറിവിനേക്കാൾ അതിക്രമിച്ചു കാണുകയും അരുത് അത് അറിവില്ലായ്മയാണ് അറിവാണ് ഉന്നതവും ഉദാത്തവും ഈ ഒരു സംസ്കൃതിയായിരുന്നു ഭാരതത്തിൽ പാശ്ചാത്യം ഈ സംസ്കാരം അറിയില്ല അറിവ് വ്യക്തിയിൽ ചേർത്ത് പറഞ്ഞാലേ അറിവാകൂ രണ്ടാഴ്ച കഴിയുമ്പോൾ അതെടുത്ത് കളയുകയും വേണം ആദ്യത്തെ അറിവിനോട് മത്സരിച്ച രണ്ടാമത്തെ അറിവ് വരുന്നത് മത്സരമാണ് അറിവ് അനുകമ്പ അതിനില്ല ഇതൊക്കെ മനസ്സിലാവുക ചരകന്റെയും സുശ്രുതന്റെയും കാലത്തുള്ളൊരു ചെടി ഇന്നും കൊടുക്കാം മനസ്സിലായില്ല പതിനഞ്ച് കൊല്ലം മുമ്പ് കണ്ടുപിടിച്ച ഒരു മരുന്ന് ഇന്ന് കൊടുക്കാനാവില്ല അഞ്ച് കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചൊരു മരുന്ന് കൊടുത്തിട്ട ഒരു കമ്പനിയിന്നും മുപ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത് മുപ്പത് ലക്ഷം ഡോളർ കാരണം ഇത് മാറും അച്ഛൻ ഡോക്ടർ എഴുതിയ മരുന്ന് മകൻ ഡോക്ടർ കഴിക്കരുതെന്ന് പറയും തൻ്റെ അടുത്ത് വരുന്ന രോഗിയോട് കഴിച്ചാൽ നീ തട്ടിപ്പോകുമെന്ന് പറയും അപ്പൂപ്പൻ വൈദ്യൻ എഴുതിയ മരുന്നും പൗത്രനും മനസ്സിലായില്ല അറിവും അറിവില്ലായ്മയും തമ്മിൽ ഈ യന്ധനമുണ്ട് അറിവിന്റെ നിറവറിയണമെങ്കിൽ അറിവിനെ കേവലമായി കാണണം അറിയുന്നവൻ അറിവിനെയാണ് ആദരിച്ചത് തന്നെയല്ല തൻ്റെ പേരറിവിൽ കുങ്ങിപ്പോയതായി അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഭാരതീയർ അറിവെന്ന് പറയുമ്പോൾ അത് അറിയുന്നവനെ ചേർത്ത് വ്യവഹരിച്ചില്ല അറിവുകൊണ്ട് അയാൾ അറിഞ്ഞു എന്ന് പറഞ്ഞു ഈ ഒരു അന്തരം അതുകൊണ്ട് ഭാരതീയർ ജീവചരിത്രങ്ങൾ എഴുതിയില്ല ഇന്ന് എഴുതി എഴുതി ഞങ്ങൾ സാമുമാര് പോലും കുളിച്ചതും നനച്ചതും വരെ ജനങ്ങൾ വായിച്ചു പഠിക്കുക എന്നിട്ട് അതുപോലെ കുളിച്ചു നോക്കുക ആവുമോ എന്നറിയാൻ ആവില്ലെന്ന് ആർക്കാണറിയാത്തത് അതോ രണ്ട് ജീവചരിത്രകാരന്മാരെഴുതിയാൽ രണ്ട് തരത്തിലാണ് എഴുതുന്നത് രണ്ടും കൂടെ വായിച്ച ജനം വെള്ളത്തിലാകുന്നത് ഇതൊന്നും ഭാരതീയ പൈതൃകത്തിൽ പെട്ടതല്ല പാശ്ചാത്യ മാതൃകയിൽപ്പെട്ടതാണ് കുട്ടികളെ ജീവചരിത്രങ്ങൾ പഠിപ്പിക്കരുത് ജീവിതഗന്ധിയായ ദർശനങ്ങൾ പഠിപ്പിക്കണം ദർശനത്തിൽ എത്രത്തോളം ജീവിതമുണ്ടോ അതുമാത്രമായിരിക്കും വഴികാട്ടി എത്ര മഹാന്റെ ആയാലും ജീവിതം വാസനാബദ്ധമാണ് അതിനാവർത്തനമുണ്ടാകണമെന്നില്ല ആനുഭവികമായ ആത്മസത്ത ഏകവും അദ്വയവുമാണ് അത് അനുപേക്ഷണീയമായി അറിയേണ്ടതാണ് ഇതാണ് അതിൻ്റെ അന്തരം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാൻ എനിക്കൊരു വല്ലാത്ത സുഖമുണ്ട് ഭാരതീയർ എത്രത്തോളം ആധ്യാത്മികതയിൽ നിന്ന് അകന്ന് വൃദ്ധിക്ഷയങ്ങളിൽ പെടുന്നു എങ്ങനെ അയാൾ ആത്മബുദ്ധിയിലേക്ക് പോകും അതിനയാൾ അറിയണം അസ്ഥിതോലൊക്കെയായിട്ടുള്ള ഈ ഉടുമ്പ് ഈ ശരീരം നാറുന്നതാണെന്നും നശ്വരമാണെന്നും ഇത് ആറ് വികാരങ്ങളോട് കൂടിയതാണെന്നും അറിയണം നേരത്തെ അറിയണം പ്രായമായി ഇതൊക്കെ നരച്ചും കുറച്ചും തുടങ്ങിയിട്ട് അറിവ് വരരുത് അഞ്ചാറ് വയസ്സാവുമ്പോഴേ അങ്ങോട്ടാണെന്ന് അറിയണം അന്ന് ഇതിലുള്ള സ്വരൂപം ഇതിനോട് ചേർത്ത് വ്യവഹരിക്കാതിരുന്നാലേ ആനന്ദിക്കുള്ളൂ ഞാൻ നരയ്ക്കാനാ പോകുന്നത് ഞാൻ കുറയ്ക്കാനാ പോകുന്നത് എൻ്റെ തുലി ചുളിയാനാ പോകുന്നത് എനിക്കിന്നുള്ള ശാരീരിക സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനാ പോകുന്നത് എന്ന അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ നരയ്ക്കുമ്പോൾ പറിക്കേണ്ടി വരില്ല ആ അറിവ് നേരത്തെ ഉണ്ടായാൽ കുറയ്ക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല ആ അറിവ് നേരത്തെ വന്നാൽ ഉടുത്തൊരുങ്ങേണ്ടി വരില്ല ആ അറിവാണ് അറിവ് അതാണ് അതിൻ്റെ നിറവ് അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നശ്വരമായ ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾ ശരീരങ്ങൾ ഭാരതീയ ശരീരം എന്നല്ല പറയുക ഭഗവത്ഗീതയിലും സീതന്തി മമ ഗാത്രാണി എന്നാ പറഞ്ഞത് അർജുനൻ എന്റെ ശരീരങ്ങൾ തളരുന്നു ആധുനിക ഭാഷാപിടുത്തം കാരണം വ്യാഖ്യാതാക്കന്മാർ ശരീരങ്ങൾ എന്ന് പറയുമോ എന്നുള്ളത് അവയവങ്ങൾ എന്നാക്കി നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ അതുകൊണ്ട് ദർശനവും പോയി അവയവങ്ങളല്ല എൻ്റെ സ്ഥൂല ശരീരം ജാഗ്രത് ശരീരം തളരുന്നു എൻ്റെ സ്വപ്നം വല്ലാതാകുന്നു എൻ്റെ സൂക്ഷ്മ ശരീരം എനിക്ക് ഉറക്കമില്ലാതാകുന്നു എൻ്റെ കാരണ തപിക്കുന്നു മൂന്ന് ശരീരവും ഇത് ഒന്നിച്ച അതുകൊണ്ടാണ് ഉറക്കമൊക്കെ കുറഞ്ഞാൽ കാരണശരീരത്തിലെത്തി സാധനം അതിന് മുമ്പേ നേരെയാവണം ചെറിയ വേദനയൊക്കെ എവിടെ ഇവിടെയൊക്കെ വരുമ്പോ അത് സൂക്ഷ്മ ശരീരത്തിലേക്ക് ചേരാത്ത വിധത്തില് സൂക്ഷ്മ ശരീരത്തെയും കാരണശരീരത്തെയും അറിയുന്ന വിശക്കുരന്മാരെ സമീപിക്കണം സ്ഥൂല ശരീരത്തിന് മരുന്നു കഴിച്ചും സ്ഥൂല ശരീരത്തെ നേരെയാക്കാൻ ഓടിയും അത് സൂക്ഷ്മ ശരീരത്തിൽ എത്തിയാൽ പിന്നെ സുഗതകുമാരി പറഞ്ഞ പോലാവും രാത്രി മഴ മന്ദം ഈ ആശുപത്രിക്കുള്ളിൽ ഒരു നീന്തതേങ്ങലായൊഴുകി വന്നെത്തി ഈ കിളിവാതിൽ വിടവിലൂടെ ഏറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തുടർന്നൊരി ഇരവിന്റെ ഖിന്നയാം പുത്രി ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം പക്ഷേ കവയിത്രി ഓർക്കുക കൊടും കേടു ബാധിച്ച പാവം മനസ്സോ കയ്യും കാലുമൊക്കെ മുറിക്കാം മുറിച്ചതിന്റെ ബാക്കിയിൽ പിന്നെയും തുടങ്ങും കാരണം മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റില്ല അതെ ഒരറ്റത്തുനിന്ന് മുറിച്ചു തുടങ്ങിയാൽ അങ്ങേയറ്റം വരെ മുറിച്ചാലും പണിതീരില്ല മുറിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം ഏതൊരു സൂക്ഷ്മ ശരീരത്തിലാണോ ഇരിക്കുന്നത് ആ സൂക്ഷ്മ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം അതാ ശരീരങ്ങൾ ശരീരങ്ങളെല്ലാം ഈ വികാരങ്ങളുള്ളതാണ് വരുമാറിൽ അറിവിൻ ഇതിന്നുനേർ എന്നാൽ അറിവിന് വികാരങ്ങളില്ല ശ്രദ്ധിക്ക വരുമാറുവിധം വികാരങ്ങൾ വരുമാറില്ല അറിവിന്നതിന്നുനേർ അറിവിന് വികാരമില്ല അറിവിൽ നിൽക്കണം ശരീരത്തിൽ നിൽക്കരുത് അപ്പോഴനുകയുണ്ടാവും അവൻ കാണിക്കുന്നത് അറിവില്ലാതെയാണെന്ന് ബോധം ഉണ്ടാവും അതാണല്ലോ അനുകമ്പയുടെ ലക്ഷണം അതാണല്ലോ ചില മക്കൾ പറയുമല്ലോ കോട്ടട അച്ഛൻ വല്ലവും പറഞ്ഞാലും നീ അങ് ക്ഷമിക്കുക അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റിട്ട് പയ്യെ പറഞ്ഞു കൊടുക്കും ഇടാറിവില്ലാതെ പറഞ്ഞ ഇത്രയും പ്രായമായിട്ടും ഇട അതുകൊണ്ടൊന്നും കാര്യമില്ല ആ സമയത്ത് അറിവില്ലായിട്ടാണ് ഇത് നിനക്കും മനസ്സിലാവും നീ ആ പ്രായത്തിലെത്തും അതിലാണ് അടി നീ അതുപോലൊരവസ്ഥയിലെത്തുമ്പം നിനക്കും മനസ്സിലാവും സാരമില്ല മോനെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ വളരെ രസമാണ് ഈ അച്ഛനും മകനും കൂടെ ഒന്നാവും മറ്റവനോട് അവനാണ് ഈ അച്ഛനെയും മകനെയും മാറ്റി വിട്ട് മര്യാദയിലാക്കിയത് കുറച്ച് കഴിഞ്ഞ് ഇതുപോലൊരറിവില്ലായ്മയും കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒക്കുമ്പോൾ പറയും മറ്റവനൊരുത്തനാണ് നമ്മളെ കണക്കിയതെന്ന് അപ്പോഴും അവന് ശരി പിന്നെ വീണ്ടും ഒരിക്കലും ഇവർ തെറ്റും ഇത് വളരെ രസമുള്ള നാടകമാണ് ഈ ജീവിത നാടകം വളരെ രസമാണ് അറിവില്ലായ്മ ഇങ്ങനെ തെറ്റിൻ്റെയും വഴക്കിൻ്റെയും പൊല്ലാത്തിൻ്റെയും ലോകമാണ് അത് നിങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ സംഘങ്ങളിലായാലും കുടുംബത്തിലായാലും എല്ലായിടത്തും തന്നെയാണ് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു തമ്മിൽ തെറ്റി ഇപ്പൊ ഇതൊക്കെ ഇരുന്ന് കേൾക്കൂ അനിയപ്പോ ഇത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളില് ഒരുപാട് മണ്ഡലങ്ങളുണ്ടാകുമല്ലോ അല്ലേ മിക്കവാറും അവിടെയൊക്കെ നിങ്ങൾ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് തെറ്റും തെറ്റുമ്പോൾ നിങ്ങൾക്ക് അനുകപ്പൊന്നും കഴിയില്ല ഏറ്റവും അവസാനം നമ്മുടെ കത്തിയൊന്നും പോരാതെ വരുമ്പോൾ ഒരു പ്രയോഗമുണ്ട് നമ്മുടെ കത്തി ഏൽക്കുക മനുഷ്യന്റെ കത്തിക്ക് മൂർച്ച കുറയുമ്പോഴാണ് നീ ഇതിൻ്റെയൊക്കെ അനുഭവിക്കുവാണി ദൈവം ഉണ്ടെങ്കിൽ അതൊരറ്റെയ്യാണ് അത് ലാസ്റ്റ് ഏപ്പിച്ച് കൊടുക്കുന്ന ആ കത്തിയിലെ മൂച്ച ഭയങ്കരമാണ് മകളോടും പറയും സ്വന്തം മകളോട് പറയുമെങ്കിലും സ്വന്തം ഭർത്താവിനോട് പറയും സ്വന്തം അച്ഛനോട് പറയും പറഞ്ഞവരൊക്കെ ഒന്ന് ഓർമ്മിക്കുക അതൊരു രസമാണ് ഈശ്വരന്റെ കത്തിക്ക് രണ്ടു വഴിയിലും മൂച്ചയാണ് ഇത് കായംകുളമ്പാള് പോലാ അത് പ്രയോഗിച്ചാൽ പിന്നാലെ യാതൊരു രക്ഷയില്ല അവിടം വരെ എത്തും മറിച്ച് അനുകമ്പാപൂർവം അവൻ്റെ തെറ്റ് അവനെ നാളെ വേദനിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അവനോടുള്ള സ്നേഹത്തെ സൗമ്യമായോ ശകാരമായോ സ്നേഹം കൊണ്ട് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ഒരു അച്ഛൻ അച്ഛനും അമ്മ അമ്മയും ആചാര്യൻ മോനെ ഇത് എന്നെ വേദനിപ്പിക്കുന്നതുകൊണ്ടല്ല മോനെ എനിക്കിതുപദ്രവമായതുകൊണ്ടല്ല അതൊക്കെ നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രകൃതി എനിക്ക് വെച്ചിരിക്കുന്നതാണ് പക്ഷെ നിന്നെ ഇത് നാളെ വേദനിപ്പിക്കാതിരിക്കാൻ അതാണ് പഴയ അച്ഛനും അമ്മയൊക്കെ ചെയ്തത് പഴയ ആചാര്യന്മാർ ചെയ്തത് ഇന്നാ വർഗമില്ല അത് കുറ്റിയേറ്റുപോയി ഇന്ന് അങ്ങനൊരു അച്ഛനെ പ്രയാസമാകണം ഇന്ന് അങ്ങനൊരു അമ്മ ഇല്ല കാരണം അമ്മ അമ്മികളുടെ ലോകത്ത് ഈ അമ്മ ഉണ്ടാവില്ല ഇന്ന് ആചാര്യന്മാരും ആ പരുവത്തിലെത്തുന്നില്ല ജീവിതത്തിൻ്റെ സുസാധ്യ മേഖലകളെ കടന്നു പോകുമ്പോൾ അറിവിന് വികാരമില്ലെന്ന് അറിയിക്കണം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കേ വികാരമുള്ളൂ നിങ്ങനുക നിന്നിടും അതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമായ ഭൗതിക ശരീരത്തെ വിട്ടാലും അതിനാണ് ഞാൻ ആദ്യ ഉദാഹരണം പറഞ്ഞത് അത് നിങ്ങൾ അറിവോട് ചേർന്നാണ് അറിയുന്നവൻ ബഹുമാനാദരങ്ങൾ വാങ്ങുന്നത് അറിവിനാണ് ബഹുമാനാദരങ്ങൾ അറിയുന്നവനല്ല ഓർക്കുന്നുണ്ടാവും ഭാരതീയർ ഇത് പഠിച്ചത് അറിവാകുന്ന ആ തലത്തിലാണെന്നുള്ളതിന് കാരണം ഉരുവാകുന്ന ഈ മാറ്റത്തിന് വിധേയമായ ശരീരം വിട്ട് കീർത്തിയാകുന്ന അമൃതത്വത്തിലേക്ക് അയാൾ വളരും അനുകമ്പ കീർത്തിയാകുന്നൊരു ഉടൽ അയാൾക്ക് നൽകും അയാൾ മരിച്ചു പോയാലും അയാളുടെ അനുകമ്പ ഈ ഭൂമിയിലുണ്ടാവും അപ്പൊ എവിടെയാണ് മാനവൻ അനശ്വരനായി ജീവിക്കുന്നത് അറിവിലാണ് അനുകമ്പയിലാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് തെളിവ് നിങ്ങളുടെ അനുകമ്പ നേടിയ പരമ്പരകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അതാണ് എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും നന്മയായിത്തീർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൈക്രിയ അതാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ നിർമ്മലത അതൊന്നു മാത്രമാണ് ഈ കാണുന്ന നന്മയല്ല ഇവിടെ അനുകമ്പയിൽ കയാൾ ജീവിക്കുകയാണ് ജീവിതം ധന്യമാകുന്നത് കോടാനുകോടികൾ നിങ്ങൾ സമ്പാദിച്ചു വെക്കുമ്പോഴും അതൊന്നും നിങ്ങളോട് ചേർത്ത് വ്യവഹരിക്കുന്നില്ല അതൊന്നും നിങ്ങൾ അനുഭവിക്കുന്നുമില്ല എത്ര കോടീശ്വരനും ആയിക്കോട്ടെ പലപ്പോഴും കോടീശ്വരനായിക്കഴിഞ്ഞാൽ സമയത്ത് ആഹാരം പോലും ഉണ്ടാവില്ല തെറികേക്കാവുന്നതു മാത്രമേ ഉള്ളൂ തൊഴിലാളിയുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ കൂടെ മേടിച്ച് തൊഴിലാളിക്ക് മുണ്ടും സത്വവും ഒക്കെ മേടിച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞ് ഇവൻ ഓണത്തിന് ഉണ്ണാൻ പോലും പറ്റാതെ വേറൊള്ളതായിരിക്കും പക്ഷെ വല്ലാത്തൊരു നിനക്കും ബഹളവും ഭാര്യയുടെ നിലയും ഉണ്ടാവും കാരണം ഓണമായാൽ പോലും ഇവിടെ ജീവിക്കില്ല ആ വരവ് കിട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോലും ഒരു സുഖമുണ്ട് രാത്രി പന്ത്രണ്ടര മണിയാവുമ്പോഴാണ് കയറി നേരം പലരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങി പോകുകയും വേറെ വല്ല മരങ്ങോടനെയും കഴിച്ച് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു പാലക്കാട്ടുമുക്ക കേൾക്കുന്നതോട്ട് പോയി പറയുന്നവരും കേൾക്കുന്നവരും ഇടയിൽക്കുണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലാതെ ഞാൻ വേറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറയുന്നതാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ പറയുന്നില്ല അതൊക്കെ ഈ നാട്ടിലെ ചരിത്രം തന്നെയാണ് എല്ലാവരുടെയും ചീത്ത കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ത് മിച്ചം വരുന്നു വലിയ വേദാന്തിയാണ് മഹാപണ്ഡിതനാണ് അതൊന്നും ജനത്തിന് കാര്യമല്ല ഒരു വാക്ക് അനുകമ്പയുടെ മതി അത് വലിയ കാര്യമാണ് ഇമ്പമാർന്ന ഒരു വാക്ക് ഒരായിരം ജന്മത്തിലേക്ക് ആശ്വാസം തരുന്നതാണ് അതിനെ ലോകമൊക്കെ ഓടുന്നത് അതിനെത്ര ലക്ഷം രൂപ മുടങ്ങിപ്പോവും ആരും ഇത് പറയുകയില്ലെങ്കിൽ നല്ല ദിവസം നോക്കി തിരക്കിൽ ഗുരുവായൂരമ്പലത്തിൽ പോയി ക്യൂ നിന്ന് ചന്ദനം ചാർത്തിയ ഗുരുവായൂരപ്പന്റെ മുഖത്തുനിന്ന് ഇത് കേട്ടുന്ന് സ്വയം തോന്നിയെങ്കിലും പോലും മനസ്സിലായില്ലേ ഗുരുവായൂരപ്പനൊന്നും പറയാറില്ല എന്നാലും പോയി നിൽക്കുമ്പോൾ ഒരു തോന്നല് ആരും സമ്മാനിപ്പിച്ചില്ല ഗുരുവായൂരപ്പൻ സമ്മാനിപ്പിച്ചു അത് മതി ഒരാശ്വാസായി അപ്പോഴത് വേറൊരുത്തിയോട് പറയും ചിലപ്പം ഞാനങ്ങ് പോയി നിന്നപ്പം തുളസിമാലകളൊക്കെ ഇങ്ങനെ നീളത്തിൽ ചാർത്തിയിട്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഞാൻ നൈശ്രയഗാനനത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ഭഗവാന്റെ ആ തെളിഞ്ഞ മുഖം എന്നെ നോക്കിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ കൊണ്ടിരുന്ന വെണ്ണ ആ കയ്യിലേക്ക് കൊടുത്തപ്പോ എന്നെ അനുഗ്രഹിച്ചതുപോലെയായി ഇത് കേട്ടിട്ട് മറ്റവളെന്താ പറയുക കൂട്ടുകാരിയോട് മൂന്ന് പേര് നിൽക്കുമ്പോഴാണ് പറയുന്നത് വെളുത്തി പറഞ്ഞിട്ടങ്ങ് മാറുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ അനുഗ്രഹിക്കും കാരണം നമ്മളെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് അങ്ങ് പോയി കഴിയുമ്പം ഉച്ചയ്ക്ക് കേൾക്കാ ഏതായാലും ഒരു ഇൻ്റർവൽ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പറയാം നിങ്ങളുടെ ആരൊക്കെ പറയുവാണ്